എന്നാൽ ഫലിസ്ത്യർ തങ്ങളുടെ സേനകളെയെല്ലാം അഫേക്കിൽ ഒന്നിച്ചുകൂട്ടി ഇസ്രയേലിലും ഇസ്രയേലിൽ ഉള്ള ഉറവിനരികെ പാളയമിറങ്ങി അപ്പോൾ ഫെലിസ്ത്യപ്രഭുക്കന്മാർ നൂറു നൂറായി ആയിരമായിരമായും കടന്നു എന്നാൽ ദാവീദും അവന്റെ ആളുകളും പിൻപടയിൽ ൂടെ കടന്നു ഫലി പ്രഭുക്കന്മാർ ഈ എബ്രായർ എന്തിന് എന്ന് ചോദിച്ചപ്പോൾമാരോട് ഇവൻ ഇസ്രയേൽ രാജാവായ ഷൌലിന്റെ ഭൃത്യനായിരുന്ന ദാവിദല്ലയോ ഇത്ര ഇത്ര സംവത്സരമായി അവൻ എന്നോടു കൂടെ പാർക്കുന്നു അവൻ എന്നെ ആശ്രയിച്ചതു മുതൽ ഇന്നുവരെ ഞാൻ അവന് ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്നു പറഞ്ഞു എന്നാൽ ഫിലിസ്തീയ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു നീ അവന് കല്പിച്ചുകൊടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുവാൻ അവനെ മടക്കി അയക്ക അവൻ നമ്മോടുകൂടെ യുദ്ധത്തിന് പോരരുത് യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം ഈ ആളുകളുടെ തലകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തന്റെ യജമാനെ പ്രസാദിപ്പിക്കുന്നത് ഷൌലായിരത്തെ കൊന്നു ദീദോ പതിനായിരത്തെ എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനപ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് ഫലിസ്ത പ്രഭുക്കന്മാർ അവനോട് പറഞ്ഞു എന്നറിയാഖിഷ് ദാവീദിനെ വിളിച്ച് അവനോട് യഹോവയാണെ നീ പരമാർത്ഥി പാളയത്തിൽ എന്നോട് കൂടെയുള്ള നിന്റെ ഗമനാഗമനങ്ങൾ എനിക്ക് ബോധിച്ചതുമാകുന്നു നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു ദോഷവും കണ്ടിട്ടില്ല എന്നാൽ പ്രഭുക്കന്മാർക്ക് നിന്നെ ഇഷ്ടമല്ല ആകയാൽ നീ ചെയ്യുന്നത് ഫിലിസ്തീയ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമായി തോന്നാതിരിക്കേണ്ടതിന് സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്നു പറഞ്ഞു ദാവി ദാക്കീഷിനോട് എന്നാൽ ഞാൻ എന്തു ചെയ്തു എന്റെ യജമാനായ രാജാവിന്റെ ശത്രുക്കളുടെ നേരെ ഞാൻ ചെന്ന് പൊരുതുകൂടാതെ വണ്ണം നിന്നോടു കൂടെ ഇരുന്ന നാൾ മുതൽ ഇന്നുവരെ നീ അടിയനിൽ എന്തു കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു ആഖിഷ് ദാവീദിനോട് എനിക്കറിയാം എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെപ്പോലെ ബോധിച്ചിരിക്കുന്നു എന്നാൽ ഫിലിസ്തീയ പ്രഭുക്കന്മാർ അവൻ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുത് എന്ന് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിന്നോടു കൂടെ വന്നിരിക്കുന്ന നിന്റെ യജമാനന്റെ പൃഥ്വന്മാരുമായി നന്നാ രാവിലെ എഴുന്നേറ്റുകൊളുക അധികാലത്ത് എഴുന്നേറ്റ് വെളിച്ചമായ ഉടനെ പൊയ്ക്കൊള്ളീനെന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും ഫിലിസ്തീ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു ഫിലിസ്തീനോ ഇസ്രയേലിലേക്ക് പോയി